പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അലിഫ് ലാംറ ജനങ്ങളെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരുടെ രക്ഷിതാവിന്റെ അനുമതിയോടെ പ്രബലനും സ്തുത്യർഹനുമായവന്റെ നേർവഴിയിലേക്ക് നയിക്കുന്നതിനായി നിനക്ക് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം നാം അവതരിപ്പിച്ച ഗ്രന്ഥമാണിത്